ൂരാ അശോരാ അളവറ്റ അരുളാളനും നികരറ്റ അൻപടയവനുമാക്കിയ അല്ലാഹുവൻ സുരുപെരൽ തുകേ ഇതുപോലെ അല്ലാ ഉമുക്ക് മുൻ ഇരുന്നവുകള നബിമാർകളും വഹി അറിവിക്കുന്ന അവനെ യാവരെയും മികത്തവൻ ഞാനം മിക്കോ വാനങ്ങളിൽ ഉള്ളവയും ഭൂമിയുള്ളവയും അവനുക്കേ സ്വന്തമായവലും അവൻ മികവും ഉയർന്നവൻ മകത്താനവൻ അവലിരുന്ന് വാനങ്ങൾ പിളന് വിടലാം തങ്ങളുടെ റപ്പിൻ കൊണ്ട് തസ്ബീസുളളവു തേടുകൊളക നിശ്ചയമാല്ലാതെ മികവും മന്നിപ്പവൻ മിക്ക കരുവയുടയ അവി തങ്ങളു നേര പാതുകലെ എടുത്തക്കൊണ്ടാകേണ്ടി അവ അല്ലാ കവനിവനാടാ നീർ അവർ മേൽ പൊറപ്പാർ അല്ല അവറേ നഗരങ്ങളിൽ തായും മക്കാവിക്കും അതിനെ ഉള്ളവറ്റും അച്ചമൂട്ടി എച്ച എവിധ സന്തേഹമി യും ഒന്ന് സേക്കും നാളെ പറ്റി അച്ചമൂട്ടി എച്ച അറബി മൊഴിയാണ് നാം ഉനക്ക് വഹി അറിവിക്കോ ഒരു കൂട്ടം സ്വർഗത്തിലും ഒരു കൂട്ടം നരഹിലും ഇരു അല്ലാ നാടിയാൽ നിശ്ചയമാവരെയും അവൻ ഒരേ ഉമ്മത്താ സമുദായമാക്കിയിരുപ്പാൻ അവൻ താൻ നാടിയവർ തന്നുടേത് സിഹയിൽ നുഴവിപ്പാൻ അനുയായക്കാരോ ഉപോ ഇല്ലേ നബിയേ അവർ അല്ലാഹോ അഞ്ച് വേറെ പാകാവലേ എടുത്തു കൊണ്ടാകോ അവൻതാൻ പാതുകാവലായി അവനെ ഇറന്നോരെയ്ക്ക അവ എല്ലാവരും മീതും ആറ്റലുടയു കൊണ്ടോ അതും അല്ലാഹുവിടമേ അത്തുഴങ്ങ അവൻ മീതേ നാ മു നമ്പെയും അവൻ പക്കമേ നാണങ്ങളെയും ഭൂമിയെയും പഠിച്ചവൻ അവനേ ഉള്ളിൽ ഇരുന്തേ ജോളികളെയും കൽനടുകളിലെ ജോളികളെയും പഠിത്ത പല ഇടങ്ങളിലും പലി പരവശ് അവൻതാ യോഗ വാനങ്ങൾ ഉടയവും ഭൂമിയുടയവും സാവികൾ അവനേക്കാൻ ആടിയവർക്ക് അവനെ ഉളവ് വസികളെ പെരുകുംപടി താൻ ആടിയവർക്ക് അവനെ അളവ് പ്പെടുത്തി നിശ്ചയമാ എല്ലാ പൊരുക്കളെയും നനുക്ക് എൻ്റെ ഉപദേശിത്താനോയേ ഉം അവൻ മാര്ക്കമാക്കി നബിയേ നാം ഉമുക്ക് വകി മൂലം അറിയിപ്പതും ഇബ്രാഹീമുക്കും മൂസാ വീശാ വാ ഉപദേശിത്തും എന്നാൽ അനവരും സന്മാർക്കത്തെ നിലനിർത്തുക അഴക്കി അത് അവരും താൻ നാടിയവർ അല്ലാ തൻപെടുത്ത് കൊണ്ടു മുൻ നോക്കി അവൻ നേർവഴിയും നടത്തുക ഇടയുള്ള പുറമയ കാരണമാവേ അഞ്ചി അവർ പ്രിന്തുപോകില്ല അവർ പറ്റിയ തീർപ്പ് ഒരു കുറിപ്പിട്ട തവണയിൽ ഉള്ള ഇളവനേർപ്പെട്ടിരിക്കാവിടൽ അവയുൾ നിശ്ചയം തീർപ്പളിക്കപ്പെട്ട അഞ്ചിയും അവർക്ക് പിന്നെ യർ വേലത്തു വാരിസാക്കപ്പെട്ടോ നിശ്ചയമാന്ദേഹത്തിൽ നേർവഴിയും പക്കം അവർ അഴേറ്റ് കൊണ്ടേ ഇരുപ്പീരാണ് പ്രകാരം ഉറദിയുടൻ നിർപ്പീരുക അവർ ഇഴിവാ മനോ ഇച്ചും വേലത്തിലിന് അല്ലാ ഇറക്കി വയ്ത്തെയും നാം നമ്പുക അഞ്ചെയും ഉള്ളിടയേ നീതി വഴങ്ങും ബും നാം ഏവപ്പെട്ടുള്ളേ അല്ലാഹവേ എങ്ങൾ റപ്പാവും അവനേ ഉപ്പും ആവാൻ എങ്ങനെ എങ്ങനു എം ഉടയ തർക്കം വേണ്ടാം അല്ലാ നമ്മിടയെ മറമയിൽ ഒന്ന് സേർപ്പാൻ അവൻപാലേ നാം മീണ്ടിയിരിക്കും കൂടുവീറേ ഒപ്പിക്കൊണ്ട അവനെ പറ്റി തർക്കിച്ച് കൊണ്ടുക്കാളോ അവരുടെ തർക്കം അവരുടെ ഇറവനില പയനെറ്റാകും അതിനാൽ അവർ മീഡിയ അവനുടേ കോപം ഏർപ്പെട്ട് കഠിനയും അവർക്ക് ഉണ്ടാകും അല്ലാഹുതാൻ ഉമ്മയെ കൊണ്ടും നീലത്തെ കൊണ്ടും ഇവേദത്തെ ഇറക്കി അരുളിനാണ് ഇന്നും നബിയേ തീർപ്പുക്ക് ഉറിയ അവ സമീപമായി അറിവീരാൻമേൽ നമ്പികവർ അതെപ്പറ്റി അവസരപ്പെടുക ഭയപ്പെടുക ഉമ്മയേ എം ചെയ്തോ അവർ അല്ലാ തൻ അടിയാറു മിക്കവനാ താൻ ആടിയവർക്ക് വേണ്ടിയ ഉണവളിക്കാൻ അവനെ വലിമ മിക്കവൻ യാവരെയും മികത്തവൻ എവർ മർമ്മയ വിളച്ച വരും അവരുടെ വിളചപ്പെടുത്തോ എൻ വിളച്ച മറ്റും വരുമ്പകാരോ അവ നാം അതിലിന് ഓരള കൊടുക്കും അവരുടെ മറുമ്പിൽ യാതൊരു പങ്കും ഇല്ല അല്ലെ അല്ലാ അനുമതിക്കാതെ മാര്ക്കമാക്കി വയ്ക്കൂടിയ ഇണൈദേവങ്ങൾ അവർക്ക് ഇരിക്കും മറന്നണെക്കു പക്ക കൂലി കൊടുക്കപ്പെടും എന്നും ഇവൻ വാക്ക് ഇല്ലാതെ ഇതുവരെ അവർക്ക് ഇടയിൽ തീർപ്പിക്കപ്പെട്ട നോവിനും വേദന ഉണ്ട് അതിയായക്കാരൻ താങ്കൾ സമ്പാദിത്തീയരെ പറ്റി പയന് ആണ് അവർ മീഡിയ നികുതി ആണോ എവർ ഈമാൻ കൊണ്ട് സാലികൾ അവർക്കൂങ്കാവങ്ങളിൽ അവർ വരുംബിയത് അവം കിടക്കും അത് പെരും ബാക്യമാകും ഈമാന് കൊണ്ട് സാലികാ നക്കർമ്മങ്ങൾ ചെയ്തു വരും തൻ അടിയാകൾക്ക് അല്ലാ നന്മാരായം കൂടുവും ഇത് നബിയെ നീർ കൂറും ഉറവിന മീതു അൻപകൊള്ളേ തവരം യാതൊരു കൂലിയും കേക്കില്ല അന്റിയും എവർ ഓർ അഴുകിയ നന്മോ അവരുടെ നാം അതിൽ പിന്നും പല നന്മയെ അധികമാക്കോ നിശ്ചയമാ അല്ലാഹ് മന്നിപ്പവനാ നന്ക്കൊള്ളും അല്ലത് ഉമ്മപ്പറ്റി അവർ അവർ അല്ലാഹുവിയ്യെ ഇട്ടുകട്ടി കൂടു കാര്യ അല്ലാഹ് നാടിനാണ് അവൻ ഉം ഹൃദയത്തിന് മീത് മുത്തിരയിട്ട് അഞ്ചിയും അല്ലാഹ് പൊയ്യഴിത്ത് തൻ വസനങ്ങളെ കൊണ്ട് ഉമ്മയെ ഉറാം നിശ്ചയമാ നെഞ്ചങ്ങളിൽ ഇരുപ്പതായി അവൻ മിക അറിഞ്ഞവൻ അവൻതാൻ തൻ അടിയാകെ നനുറികൾ പ്രാർത്ഥനകളെയും ഏറ്റവും അവൻ അരുളികരിപ്പവർക്ക് മിക കടുമയ ഉണ്ട് അല്ലാ തൻ അടിയാർഗ്ഗ ഉണവ് വസതികളെ വരിവാക്കിവിട്ടാൽ അവർ ഭൂമിയെ അട്ടൂഴിയം ചെയ്യ തലപ്പട്ടു വിടുവീ അവൻ താൻ വരുമ്പി അളവ് കൊടുത്ത് വരുക നിശ്ചയമാൻ അടിയാറായി നനെ ഉറ്റ് നോക്ക അവ നിരാശയാന പിന്നെ ഇറക്കി വെപ്പവൻ അവനെ അവൻ തൻ അരുളെ പരപ്പുക അവനെയ വാനങ്ങളെയും ഭൂമിയെയും പടൈത്തും അവ ഇരണ്ടിലും കാലനട മുതലിയവ പരപ്പി വൈത്തിരുപ്പതും അവ അത്താക്ഷികളിൽ ഉള്ളവയും ആകെ അവൻ വരുമ്പോൾ അവർക്ക പേരാറ്റലുടയ തീങ്കുവന്ന് ഉണ്ടെ അടവതെല്ലാം അത് ഉൾ കരങ്ക സമ്പാദിത്ത കാരണത്താലും എനും ഉൾപ്പെറ്റങ്ങളിൽ പെരുംപാലാ അവൻ മന്നി തരുളകൂമിയു തഞ്ചം പുന്താലും അവനെ ഇയലാമൽ ആക്കപവർ ഇല്ലേ ഉള്ളഹവനോ ഉദവി പുനോ ഇല്ലേ ഇന്നും മലകളെപ്പോൾ കടലിൽ കപ്പലുകളും അവനുടേ അത്താക്ഷികളിൽ ഉള്ളവയേ ആകും അവൻ വരും കാറ്റെ വീസാൽ അമർത്തി വിടുക അവ കടലിൽപരപ്പിൽ അസൈവറ്റ് കിടക്കും നിശ്ചയമായ ഇതിൽ പൊറമയ നന്ദിസെത്തോർ യാവർക്കും അത്താക്ഷികൾ ഇരിക്കുന്ന അല്ല മനുഷ്യർ സമ്പാദിത്ത തീമുകളിൽ കാരണത്താൽ അവൻ അവടലിലേയെ അഴിത്ത്വിടവും ആയിനും അവൻ അവൻ കുറ്റങ്ങളിൽ പെരുപാലവറ്റ മന്നി തരുളകര അന്റിയും നമ്മുടെ വസനങ്ങളെ പറ്റി തർക്കം ചെയ്തു കൊണ്ടുപോർ അവപ്പിച്ച് കൊള്ള പും ഏതും ഇല്ല അറിവാ ഉടുക്കപ്പെട്ടിപ്പം ഇവ ഉലകയൻ അർപ്പസുഖങ്ങളേ ആകും നമ്പിക്കൊണ്ട് തെ മുറ്റിലും നമ്പിരുപ്പവർക്ക് അല്ലാഹുവിടം ഇരുപ്പ മികവും മേലാതും നിലയാനതുമാകും അവർ എത്തോർ എന്താ പെരു പാവങ്ങളെയും മാനക്കേറവറ്റെയും തവർത്തു കൊണ്ട് താ കോപം അടയും പോകും മന്നിപ്പട്ടേ ഏറ്റയെ ഒഴുകാ നിലനിർത്തുവെ തമ്മിലേ കലന്ന് ആലോചിച്ച് കൊള്ളവർ അവറ്റിലാനിയും അവർ എതിരായ ഉദവി നേടിക്കൊരുവീക്ക് കൂലി അതേപോലെ തീമയേ ആകും ആണോ എവർ അതെ മന്നിട്ട് സമാധാനം ചെയ്യോ അവർക്ക് ഉയർന്നൂലി അല്ലാഹുവിടം നിശ്ചയമാനുയായം ചെയ്ത നേശിക്ക എവരൊരു അനിയായം ചെയ്യപ്പെട്ടു എതിരായി അത്തം സുത്ത യാതൊരു വഴിയും മക്കൾ അനുയായം അട്ടൂഴിയും അവർ മീതുതാൻ കുറ്റം സുമത്ത വഴി എടുക്കാൻ ഇത്തയോർക്ക് നോവിനെ ചെയ്യും വേദന ഉണ്ട് ആണോ എവരേനും പലർ ചെയ്ത തീങ്കക്കൊണ്ട് മന്നിത്ത് വിട്ടാൽ നിശ്ചയമാറിയാണ് വീരമുള്ള ചെയലാകും ഇന്നും എവരെ അല്ലാ വഴികേട്ടിൽ വിട്ടുവിടുകോ അത അവലർ എവരും ഇല്ല അനുയായം ചെയ്ത വേദനയെ കാണും പോലും ഇതിലിന് തപ്പിത്ത് മീൽവർക്ക് ഏതാകിലും വഴിയുണ്ടാ എും നിലയെ സെമിട്ട് തല കവിതവുകളും മറവാ കട കണ്ണാൽ പാർട്ടവണ്ണമരത്തിന് മുൻ കൊണ്ടുവരപ്പെടുവൈപ്പീർ അവ നമ്പവർ കൂടുവ് എവർ തങ്ങളു തൻ്റെ കുടുംബത്താരു നഷ്ടത്തെ നിശ്ചയമുണ്ടോ മുട്ടിലും നഷ്ടമാറിന് നിശ്ചയ അനുയായക്കാരൻ നിലയാന വേദനയിൽ അളിൽ അല്ലാഹ് അന്റി അവപകാറികളിൽ എവരും ഇരിക്കമാ അല്ലാഹ് എവരെ വഴികേട്ടിൽ വിട്ടുവിടുക അവ വഴി ഒന്നും ഇല്ലേ അല്ലാഹി വിട്ട് തപ്പിച്ച് പോക്കില്ലാത മറമിനാൾ വരുവകു മുൻ ഉങ്ങൾ രവലു ബതിൽ അടിയുണ്ടാകും അന് നാളിൽ ഉണ്ടു ഒരുങ്ങൾ എരാത് ഉൾ പാവങ്ങളെ മറക്കവും മുടിയത് എനും നബിയേ അവർ പുറക്കണിത്ത് വിട്ടാൽ കവലയുറാദീർ നാം ഉമ്മ അവ അനുപില്ല തൂതു ചെയ്ത എടുത്തൂറിപ്പതുതാ ഉടമയാകും നമ്മുടെ റഷ്മ നല്ല മനതായി സുവക്കുംബിത അത് കണ്ട് അവർ മഹിള ആനാൽ അവൈകൾ മുർപ്പെടുത്തി പാവത്തിൽ കാരണത്താൽ അവങ്ങി നേരിട്ടാൽ നിശ്ചയമാനിതൻ നന്ദി കെട്ടി മാ വാനങ്ങൾ ഉടയവും ഭൂമിയുടയവും ആക്ഷി സ്വന്തമാകും ആകെ താൻ വരുമ്പിയവൻ താൻ വരുമ്പോർക്ക് പെൺമക്കളെ അളിക്കുന്ന വരുമ്പോരുൺ മക്കളെ അളിക്കുന്ന അവൻ ആൺ മക്കളെയും പെൺമക്കളെയും സേർത്ത് കൊടുക്കുന്ന അഞ്ചിയും താൻ വരുമ്പോരെയ മലടരകവും നിശ്ചയമാറിന്വൻ പേരാറ്റൽ ഉടയവൻ അല്ലാ എന്ത മനുഷരിടത്തിലും വഹിയാകോ അല്ലത്പാൽ അല്ലെ താൻ വരും തൻ അനുമതി മീതു അനിപ്പിയോ അറിവിക്കൂടിയ ഒരു തൂതരെ അനുപിയോ അൻ്റെ പേശുവില്ലേ നിശ്ചയമാവൻ ഞാനമുടയോ നബിയേ ഇവറെ നമ്മുടെ കട്ടളയ ആൻമാനെ കുറാനെ വഹി മൂലമാറിവിന്നേദം എന്തോ ഈമാൻ എന്നതോ എന്നവരായി നാം അതെ ഒളിയാക്കി നം അടിയാറിൽ നാം വരുംബോർക്ക് ഇരകൊണ്ട് നേർവഴി കാട്ടുകയർ മക്കളെ നേരാന പാതയിൽ വഴികാണിക്കുന്ന അതുവേ അല്ലാഹുവും വാനങ്ങളിൽ ഇരുപ്പവയും ഭൂമിയവയും യാവും അവനുക്കേ സ്വന്തം അറിഞ്ഞകൊള്ള അല്ലാഹുവിടമേ എല്ലാ കാര്യങ്ങളും മീൻ വരുമ്പന